മനോബുദ്ധ്യഹംകാരചിത്തോത്രജിഹേന ചാണനേത്രേ നോമഭൂമി തേജോനവായു ചിദാനന്ദ ശിവോഹം ശിവോഹം നാണസോ നൈ പഞ്ചവായു ന സപ്താതു പഞ്ചകോശ നക്ാതോ നോപ്പൂചിന്ദ ശിവോഹം ശിവോഹം നേ ഷരാഗ നേ ലോഭമോഹ മദോ നൈവത്സര്യഭാവോ നാർ നാമോ നോക്ഷശിന്ദിോഹം ശിവോഹം ന പുണ്യം നാപം നൗഖ്യം നുഃഖം നത്രോ ന തീർത്ഥം നേദാഹം അഹം ഭോജനം നൈ ഭോജ്യം നോക്ത ചിദന്ദ ശിവോഹം ശിവോഹം നെ മൃത്യുശാന മേ ജാതിഭേദ പിത നവ മേ നന്ധുർന മിത്രം ഗുരുനിഷ്യിന്ദ ശിവോഹം ശിവോഹം അഹം നിർവികല്പോ നിരാകാരോ വിഭുർവ്യാപ്യേന്ദ്രി സദാ മേ സമുക്തിന്ധമ ചിദിവഹം ശിവോഹം സത്ത് ആനന്ദം അതാണ് സച്ചിതാനന്ദം എന്ന് പറയുന്നു സത് എന്ന് ഉണ്ട് എന്നുള്ള അനുഭവം ചിത്ത് എന്ന് വെച്ചാൽ അറിയപ്പെടുന്നു ആനന്ദം എന്ന് വെച്ചാൽ പ്രിയം സത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് വൈരാഗ്യം ചിത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് ജ്ഞാനം ആനന്ദത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് ഭക്തി അസത്തിനെ അസത്ത് എന്ന് കണ്ട് തള്ളിക്കളയുന്നതിനെ നമ്മൾ വൈരാഗ്യം എന്ന് വിളിക്കുന്നു അപ്പോ സത്ത് സ്വയം പ്രകാശിക്കും ആ പ്രകാശിക്കുന്ന സത്ത് അതായത് ഞാൻ ുള്ള അനുഭവം ആ അനുഭവത്തിന്റെ സ്വരൂപത്തിനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തതായ ചൈതന്യ സ്ഫൂർത്തി ബോധം തെളിഞ്ഞുവരും അതിനെ ചിത്ത് അതിനെ ശ്രദ്ധിക്കുന്നത് ജ്ഞാനം അതിൽ ഊറി വാസനാക്ഷയം ഉണ്ടാകുമ്പോ ആനന്ദം തെളിഞ്ഞുവരുന്നു ആ ആനന്ദത്തിനെയാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയേണ്ടത് സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി നിത്യോപലബ്ധ നിജലാഭ निवृत्त तृष्णा എന്ന് ഭാഗവതത്തില് പഞ്ചമസ്കന്ധത്തിൽ പറയുന്നു നിത്യവും ഉപലബ്ധമായിട്ടുള്ള നിജസ്വരൂപത്തിനെ ലഭിക്കണം അപ്പോ തൃഷ്ണകൾ വിട്ടുപോകും എന്നാണ് നിത്യവും ഉപലബ്ധം ഏറ്റവും അടുത്തായി നിജസ്വരൂപം ലബ്ധമാകണം എന്നാണ് നിത്യോപലബ്ധ നിജലാഭം എന്നാണ് വാക്ക് എപ്പോവും കിട്ടിയിട്ടുണ്ട് എങ്ങനെ കിട്ടിയിരിക്കുന്നു എനിക്ക് എന്നെ കിട്ടേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴും ഉള്ളതാണ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എനിക്കുണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട് അത് തന്നെ സത്ത് അതൊഴിച്ചുള്ളതൊക്കെ അതൊക്കെ ഉണ്ട് എന്ന് സ്വയം അനുഭവിക്കാൻ പറ്റില്ല ഈ മൈക്കിന് മൈക്കുണ്ട് എന്ന് അറിയില്ല ഞാൻ പറയണം മൈക്കുണ്ട് നിങ്ങളൊക്കെ പറയണം മൈക്കുണ്ട് ആ മൈക്കിന് അറിയില്ല അത് മൈക്കാണെന്നും താനുണ്ടെന്നും അറിയില്ല അതുകൊണ്ട് മറ്റുള്ളവരുണ്ട് അറിയില്ല അനുഭവം എന്നുള്ളത് ബോധത്തിന്റെ മാത്രം സ്വഭാവമാണ് എന്റെ കൈക്ക് ഞാനുണ്ട് എന്നറിയില്ല കൈക്ക് സ്വയം കൈ ഉണ്ടെന്നു അറിയില്ല കാലിന് കാല ഞാൻ നോക്കിയാലേ ഉള്ളൂ അതൊക്കെ അപ്പൊ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ദേഹത്തിൽ നിന്നും കരണങ്ങളിൽ നിന്നും പുറമേക്കുള്ള വിഷയങ്ങളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിട്ട് നിൽക്കുന്നു സർവത്തിനെയും ഭാസിപ്പിക്കുന്ന ഭാസമായിട്ട് വെളിച്ചമായിട്ട് നിൽക്കുന്നു തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി ഈ ഞാൻ ഉണ്ട് എന്ന ആത്മപ്രകാശത്തിനെ സൂര്യന്റെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല ചന്ദ്രന്റെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല അഗ്നിയുടെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല ഇടിമിന്നലോ നക്ഷത്രങ്ങളോ കൊണ്ടും കാണാൻ പറ്റില്ല പക്ഷെ അതിന്റെ വെളിച്ചം കൊണ്ടാണ് സൂര്യനെ കാണുന്നത് അതിന്റെ വെളിച്ചം കൊണ്ടാണ് ചന്ദ്രനെ കാണുന്നത് അതിന്റെ വെളിച്ചം കൊണ്ടാണ് അഗ്നിയും മറ്റുമൊക്കെ കാണപ്പെടുന്നത് അവൻ പ്രകാശിക്കുന്നത് കൊണ്ട് ബാക്കിയൊക്കെ പ്രകാശിക്കണം അല്ലെങ്കിൽ സൂര്യനെ ആര് കാണും ചന്ദ്രനെ ആര് കാണും അഗ്നിയെ ആര് കാണും നക്ഷത്രങ്ങളെ ആര് കാണും എല്ലാം കാണുന്നവൻ ഞാനാണ് സകലതും കാണുന്നവനായിട്ട് ഞാൻ വർത്തിക്കുന്നു അപ്പൊ ഈ ഞാൻ ശാശ്വതമായ വസ്തു സദാ അനുഭവത്തിൽ ഉള്ള വസ്തു ആ അനുഭവത്തിലുള്ള വസ്തുവിനെ വിട്ടിട്ട് നമ്മൾ ഈശ്വരനെ എവിടെ തരയും അതുകൊണ്ടാണ് നാല് മഹാവാക്യങ്ങൾ ആദ്യത്തെ മഹാവാക്യം കൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മം എന്ന് ബ്രഹ്മത്തിന്റെ ലക്ഷണം പറഞ്ഞു ബ്രഹ്മം പ്രജ്ഞാനമാണ് പ്രജ്ഞാനം എന്ന് വെച്ചാൽ ചൈതന്യം ബോധം എന്നർത്ഥം ആ ബ്രഹ്മത്തിനെ സച്ചിദാനന്ദം എന്നർത്ഥം ആ ബ്രഹ്മത്തിനെ എവിടെ തരയും എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ എവിടെ അന്വേഷിക്കും ആകാശത്തിലോ ഭൂമിയിലോ ശാസ്ത്രങ്ങളിലോ എവിടെ അന്വേഷിക്കും അതിനുള്ള ഉത്തരമാണ് രണ്ടാമത്തെ മഹാവാക്യം അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ ബ്രഹ്മം എന്നുള്ള ധ്യാനമല്ല ആ ബ്രഹ്മത്തിനെ ഞാൻ ഞാൻ എന്നുള്ള അനുഭവത്തിൽ അന്വേഷിക്കൂ എന്നാണ് ആ മഹാവാക്യത്തിന്റെ പൊരുൾ അല്ലാതെ ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞ് ധ്യാനിക്കാനല്ല രമണ മഹർഷി പറയും അല്ലെങ്കിലേ അഹങ്കാരം പെരുത്തിട്ടിരിക്കുന്നു ഞാൻ ബ്രഹ്മമാണ് ഞാൻ അതെന്തോ ബ്രഹ്മം എന്താണേ അറിയില്ല ഇവൻ എന്തിനെയോ ഭാവന ചെയ്തിട്ട് ഞാൻ ബ്രഹ്മമാണെന്നും തനിക്കെന്തോ വികസിക്കുന്ന മാതിരിയും ആകാശം മുട്ട വളരുന്ന മാതിരിയുമൊക്കെ ഒരു എക്സ്പാൻഷനൊക്കെ ഭാവന ചെയ്യും ഇതൊക്കെ വഴിപഴച്ച ഭ്രമമാണ് ശബ്ദത്തിൽ നിന്നുണ്ടാവുന്ന ഭ്രമം എന്ന് ഇതിനെ പറയും വിദ്യാരണ്യസ്വാമികൾ പറയുന്നു ശബ്ദത്തിൽ നിന്നുണ്ടാവുന്ന ഭ്രമമാണ് ബ്രഹ്മം എന്താണെന്ന് അറിയില്ല അതെന്തോ വലിയൊരു സാധനമാണെന്ന് കരുതി ഞാനും ബ്രഹ്മമാണെന്ന് ഇവൻ ഭാവന ചെയ്യുന്നു അങ്ങനെയല്ല ബ്രഹ്മത്തിന്റെ ലക്ഷണം വേദം ആദ്യത്തെ മഹാവാക്യം കൊണ്ട് തന്നെ പറഞ്ഞു സച്ചിദാനന്ദമാണ് പ്രജ്ഞാനം ആണ് ആട്ടെ ആ ബ്രഹ്മത്തിനെ അല്ലെങ്കിൽ ഈശ്വരനെ എവിടെ അന്വേഷിക്കും അഹം ബ്രഹ്മാസ്മി ഞാൻ എന്നുള്ളത് തന്നെ ബ്രഹ്മം ഹൃദയ കുഹരമദ്ധ്യേ ഒരു ഭക്തൻ രമണ മഹർഷിയുടെ അടുത്ത് ഈ ഒരു വാക്കുമാത്രം എഴുതി ക്ഷാത് ആത്മരുപേണ ഭാതി ഹൃദിവിഷ മനസാ സ്വ ചിന്വതാ പവനചലനരോധാത്മനിഷ്ഠോ മാവുന്ന കുഹരം കുഹരം എന്ന് വെച്ചാൽ ദ്വാരം ഗുഹ കാവിറ്റി എന്നൊക്കെ അർത്ഥം ആ ഹൃദയമാവുന്ന ദ്വാരത്തിൽ കുഹരത്തിൽ കേവലം കേവലം എന്ന് വെച്ചാൽ രണ്ടില്ലാത്തത് രണ്ട് എന്നുള്ള അനുഭവം ഇല്ലാത്തത് നമുക്ക് ആർക്കെങ്കിലും ഒരു അന്ധകാരത്തിൽ ഇരിക്കുമ്പോ രണ്ട് ഞാൻ ഉള്ളതായിട്ട് ആർക്കെങ്കിലും അനുഭവമുണ്ടോ ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട് ആ അനുഭവത്തിൽ എവിടെയെങ്കിലും ദ്വൈതത്തിന്റെ ഭാസമുണ്ടോ ആലോചിച്ചു നോക്കുക ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ അപ്പോ നമ്മളൊക്കെ അനുഭവത്തിൽ അദ്വൈതികൾ തന്നെയാണ് മനസ് വരുമ്പോഴേ ഉള്ളൂ ദ്വൈതം അനുഭൂതി മണ്ഡലം എന്ന് പറയണത് ഞാനുണ്ട് എന്നുള്ള സെന്ററാണ് ആ സെന്ററിൽ രണ്ടേ കാണാനില്ല ഒരു ഞാനേ ഉള്ളൂ അനുഭവം എന്ന് പറയണത് നമുക്ക് ഉള്ളൂ അഹമസ്മി എന്നുള്ളത് അപ്പോ അവിടെ രണ്ടില്ല കേവലം ബ്രഹ്മമാത്രം ഹി ഹി എന്ന് വെച്ചാൽ ആശ്ചര്യം അയ്യോ ഇത്ര വസ്തു കിടന്നിട്ട് ആളുകൾ നോക്കണില്ലല്ലോ എന്നാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നു അയ്യോ എന്ന് പറയില്ലേ നമ്മൾ അതാണ് ഹി ഹി ഹി എന്ന് പറഞ്ഞു ആ ആശ്ചര്യം ഏക ഉരുവായി അയ്യോ അന്ന് പാടിയല്ലോ തായ്മാനവ സ്വാമികൾ അദ്ദേഹം പാടുന്നു അയ്യോ ഇത്രയടുത്ത് കിടക്കുന്നു എന്നാണ് ഏക ഉരുവായി അയ്യോ അഖണ്ഡാകാര ശിവഭോഗം എന്നും പേരിമ്പ വെള്ളം പൊങ്കിത്തതുമ്പി അയ്യോ ആശ്ചര്യം ഹി ഏകം രണ്ടില്ലാത്തതായി പൂരണവസ്തു ശിവഭോഗം എന്ന വസ്തു ശിവഭോഗം വിഷയഭോഗമാണ് ബാക്കിയൊക്കെ മനസ്സുകൊണ്ട് അനുഭവിക്കുന്നതൊക്കെ വിഷയഭോഗം മനസ്സിന് മൂലമായി ഞാൻ എന്നുള്ള കേന്ദ്രസ്ഥാനത്തിൽ ആ സെന്ററിൽ അതാണ് നാരായണഗുരുസ്വാമികൾ ജനനീ നവരത്നമഞ്ചരി എന്ന കൃതിയിൽ പറഞ്ഞു ഹൃദയമാവുന്ന താമരയിൽ യോഗിയുടെ മനസ്സാകുന്ന വണ്ട് തേൻകുടിച്ചു കിടക്കുന്നു എന്നാണ് ഹൃദയമാവുന്ന തണ്ടാരിൽ വീണ് മധുകുണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂര്യസുഹൃതി അപ്പോ ആ ഹൃദയമാവുന്ന കേന്ദ്രം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമണ്ഡലത്തിൽ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി ഞാൻ ഞാൻ എന്നിങ്ങനെ സാക്ഷാത് ഇനി സാക്ഷാത്കരിക്കാനൊന്നുമില്ല ടോക്സ് വിത്ത് രമണ മഹർഷി ആ പുസ്തകത്തിൽ പല സ്ഥലത്തും മഹർഷി പറയും എന്താ സാക്ഷാത്കരിക്കാനുള്ളത് സാക്ഷാത്തായിട്ട് അതാണിപ്പോ ഉള്ളത് നിങ്ങൾ എന്ത് കരിക്കും ഇതിന് എപ്പോഴും സാക്ഷാത്തായിട്ട് അത് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും നിങ്ങൾ വിചാരിക്കുന്നതൊന്നും സാക്ഷാത്തല്ല നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്ന് വിചാരിക്കുന്നു കാണുന്നതും കേൾക്കുന്നതും ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന കൂത്താണ് സാക്ഷാത്തായിട്ടുള്ളത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ സാക്ഷാത് അപരോക്ഷമായിട്ട് ബ്രഹ്മം പ്രകാശിക്കുന്നു അപരോക്ഷം എന്നുവെച്ചാൽ നോട്ട് ഇൻഡയറക്ട് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് സാക്ഷാത് അപരോക്ഷം അപരോക്ഷം ബ്രഹ്മ അപരോക്ഷം നമുക്ക് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമായി അഹമഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ജീവാത്മാവായിട്ട് എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ എന്നീ രീതിയിൽ ഭാസിക്കുന്നു ഹൃദിവിഷമനസാ ശിവയോഗം എന്ന് പറയുന്നത് എന്താ യോഗം എന്ന് പറയുന്നത് എന്താ ഹൃദിവിഷമനസ മനസ് ഹൃദയത്തിലേക്ക് വേഷനം ചെയ്യട്ടെ പ്രവേശനം ചെയ്യട്ടെ മനസ്സ് എന്തിനെ ധ്യാനിക്കും ധ്യാനിക്കാൻ എന്താണോ ഉള്ളത് ധ്യാനിക്കുന്നവൻ ആര് ധ്യാനിക്കപ്പെടേണ്ട വസ്തു എന്തുകൊണ്ട് ധ്യാനിക്കുന്നവൻ ആരാണ് അപ്പൊ ധ്യാനിക്കുന്നവനെ കണ്ടുപിടിക്കാം ധ്യാനം എന്ന് വെച്ചാൽ യഥാർത്ഥ ധ്യാനം എന്താന്ന് വെച്ചാൽ എന്തിനെയെങ്കിലും ധ്യാനിക്കലല്ല ധ്യാനിക്കുന്നവനെ കണ്ടുപിടിക്കാന്ന് ധ്യാനിക്കുന്നവൻ ആര് ധ്യാനിക്കാനിരിക്കുമ്പോ എനിക്ക് ധ്യാനം സിദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോ ഈ ധ്യാനിക്കണമെന്ന് വിചാരിക്കുന്ന ഞാനാരാണ് എനിക്ക് ധ്യാനിക്കണം ഈ ഞാൻ ആരാ എനിക്ക് ധ്യാനം സിദ്ധിക്കുന്നില്ല ഈ ഞാൻ ആരാണ് ധ്യാനം സിദ്ധിക്കാത്ത ഈ ഞാൻ ആരാണ് ഈ ഒരു ചോദ്യം വിടാതെ പിടിച്ചുകൊണ്ടിരുന്നാൽ ഈ മൂല അവിദ്യ പ്രൈമൽ ഇഗ്നറൻസ് അത് ഉദിക്കുകയല്ല ഹൃതി വിഷ മനസ്സാ മനസ്സ് ഇറ്റ് എന്റേഴ്സ് ഇൻ ടു ദ ഹാർട്ട് കാവിറ്റി സ്വം ചിൻവത്ത ഈ സ്വം ഞാൻ എന്നുള്ളതിന്റെ ചലനത്തിനെ ചിൻവത്ത എന്ന് വെച്ചാൽ ചകഞ്ഞു നോക്കുന്നു അന്വേഷിച്ചു നോക്കുന്നു മജ്ജതാ മുങ്ങ ഉള്ളില് ഉള്ളില് ആഴുന്നു മുങ്ങുന്നു എങ്ങനെ ഒരു കെനറ്റിൽ എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടു പോയാൽ ശ്വാസമടക്കിപ്പിടിച്ച് മൂക്ക് പൊത്തിക്കൊണ്ട് വെള്ളത്തിൽ മുങ്ങി അന്വേഷിക്കുന്ന പോലെ അകമേ മുങ്ങി അഹങ്കാരം എവിടുന്നുദിക്കുന്നു എന്ന് അന്വേഷിച്ചു നോക്കുക കൂപേ യഥാ ഗാഠജലേ തഥാ അന്തർനിമജ്യ ബുദ്ധ്യ ശിതയാ നിതാന്തം ിയമ്യ ചിന്വന് വിന്തേത് നിജ അഹങ്കൃതി മൂലരൂപം അഹങ്കൃതിയുടെ മൂലരൂപം അഹങ്കൃതി എവിടെ നിന്ന് പൊന്തുണു എന്ന് അതിന്റെ ഉദയസ്ഥാനത്തിനെ ആരാഞ്ഞു നോക്കുന്നു ചലനത്തിനെ ആരാഞ്ഞു നോക്കൂ കൂപ്പം എന്ന് വെച്ചാൽ കെണർ കൂപേ യഥാ കെനറ്റിൽ എങ്ങനെയോ അങ്ങനെ ഗാഠജല ധാരാളം വെള്ളമുള്ള കിണറ്റിൽ അന്തർനിമജ്യ ഉള്ളിൽ മുങ്ങിയിട്ട് ബുദ്ധിയ കൂപ അതുപോലെ നമ്മളുടെ ഹൃദയത്തിൽ മുങ്ങി ഷാർപ്പായിട്ടുള്ള ബുദ്ധി കൊണ്ട് നിതാന്തം വിടാതെ സന്തത്തം എപ്പോഴും സന്തോഷമായിട്ട് അന്വേഷിക്കുക പുറമേക്ക് പോകുന്ന മനസ്സിനെ അകമേക്ക് തിരിച്ച് ഈ വിചാരം കൊണ്ട് മൂലത്തിലേക്ക് തിരിച്ചുവിടാം അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം വെറുതെ വിചാരിക്കാൻ ബ്രെയിൻ സെന്ററിൽ നിൽക്കാനല്ല വേദാന്തം മുഴുവൻ ഒരു ഘട്ടത്തിൽ വഴിതെറ്റിപ്പോയി ശാസ്ത്ര പാണ്ഡിത്യമായിട്ടും തർക്കവ്യാകരണങ്ങൾ കൊണ്ട് അറിയേണ്ട ഒരു സാധനമായിട്ടും യൂണിവേഴ്സിറ്റി റിസർച്ച് മേശകളിലെ പുസ്തകങ്ങളായിട്ട് മാറി അപ്പോഴാണ് ശങ്കരാചാര്യരുടെ വേദാന്തശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ താർക്കികന്മാരെ കേടുവരുത്തി ആചാര്യസ്വാമികൾ തന്നെ ബ്രഹ്മസൂത്ര കുബുദ്ധികൾ എന്ന് പറയേണ്ടവരെ അവർക്ക് എല്ലാം നേരെ ചൊവ്വേ ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് അപ്പോഴാണ് രമണ മഹർഷിക്ക് വരേണ്ടി വന്നത് രമണ മഹർഷി ഒരു വ്യക്തിയെ അല്ല യഥാർത്ഥത്തില് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സാധനയും ചെയ്തില്ല താനായിട്ടൊന്നും പ്രയത്നിച്ചില്ല ആ ശരീരത്തിനെ ഒരു ചാനൽ ആക്കിക്കൊണ്ട് ദേണൽ റിസർവയർ ഓഫ് വിസ്ഡം ഇറ്റ് ഫ്ലാഷ്ഡ് ത്രൂ ഹിം അത്രയേ ഉള്ളൂ നമുക്ക് ഉപനിഷത്തുകളിൽ മറഞ്ഞുപോയ സത്യത്തിനെ വീണ്ടും പ്രകാശിപ്പിക്കാനായിട്ട് ആത്മവിചാരം വേദാന്ത വിചാരം എന്ന് പറയുന്നത് ഈ കണ്ട ആളുകൾ പ്രസംഗിക്കുന്ന സാധനമൊന്നുമല്ല എന്ന് കാണിച്ചു തരാനായിട്ടാണ് അദ്ദേഹത്തിന്റെ ആവിർഭാവം ഇറ്റ് ഇസ് നോട്ട് ഇന്റലക്ച്വൽ ജഗ്ലറി അനുഭൂതിയാണ് ആദ്യം മുതലേ അനുഭൂതി അല്ലെങ്കിൽ എന്തായെന്ന് വെച്ചാൽ ആചാര്യസ്വാമികൾക്ക് ശേഷം കുറെ കഴിഞ്ഞപ്പോ ബുദ്ധി കൊണ്ട് ഭാഷയുമൊക്കെ പഠിച്ചിട്ട് പിന്നെ അനുഭവത്തിന് ഒരു യോഗസാധന എടുക്കണം എന്ന് തോന്നുന്നു എന്താ രണ്ടും രണ്ടായിപ്പോയി ഇത് ഇന്റലക്ച്വൽ കൺവിക്ഷൻ പിന്നീട് അനുഭവത്തിന് വേറെ മാർഗം നോക്കേണ്ടി വരുന്നു ഈ സത്യത്തിന് അനുഭവിക്കാൻ അങ്ങനെയല്ല ആരംഭം മുതൽ അനുഭവിച്ചുകൊണ്ടേ പോവുക എന്നാണ് അനുഭൂതിയോടുകൂടെ തന്നെ ഈ സത്യത്തിലേക്ക് സമീപനം അപ്പോ മജ്ജതാവ ഭവന ചലന രോഗാദ് ഉള്ളില് അഹങ്കാരം എവിടെ നിന്ന് ഉദിക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മള് ദിവസം രാവിലെ കുറച്ചുനേരം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നേരം ആദ്യം കുറച്ചിങ്ങനെ അഭ്യസിച്ചു നോക്കുക ഈ ഞാൻ എന്താണ് അതായത് നമുക്ക് ഇത്ര കാലം ശ്രദ്ധ പുറമേക്കുള്ള വസ്തുക്കൾ ജനിച്ചത് മുതൽ അച്ഛൻ അമ്മ കളിപ്പാട്ടം പുസ്തകം സ്കൂൾ ന്യൂസ് പേപ്പർ ടി വി ഡിസ്ട്രാക്ഷൻ ദൃഷ്ടി നമ്മളെ ആരും നമ്മളെ നോക്കാൻ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമുക്കതിത്ര വിഷമം വാസ്തവത്തിൽ വിഷമം ഉണ്ടായിട്ടല്ല കൊച്ചുകുട്ടികളെ ഒരുപക്ഷെ ഏതെങ്കിലും ഋഷികളുടെ സമ്പർക്കത്തിൽ വളരുകയാണെങ്കിൽ അവർക്കിത് വിഷമമാണെന്നേ തോന്നില്ല പക്ഷെ നമ്മൾ മുഴുവൻ സമൂഹത്തിന്റെ പിടിയിലായതുകൊണ്ട് ലോകവാസന ദേഹവാസന ശാസ്ത്രവാസന നമ്മളല്ലാത്ത വസ്തുക്കളെ ശ്രദ്ധിക്കാനാണ് നമ്മളെ ഇത്രകാലം പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് വിഷമം തോന്നണത് നമ്മളൊന്ന് തിരിച്ച് പരിശീലിച്ചു നോക്കാം കുറച്ചുനേരം ദിവസം അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഭഗവത് കൃപ കൂട്ടുനിന്ന് നമുക്ക് ഒരു അണ്ടർ കറന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും വ്യവഹാര മണ്ഡലത്തിൽ ജോലിയൊക്കെ ചെയ്യുമ്പോഴും പുറകെ ഈ വിചാരത്തിന്റെ ആത്മവിചാരത്തിന്റെ ഒരു ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ശ്രദ്ധ ആ വസ്തുവിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും എന്റെ സ്വരൂപം എന്താണ് ഇതാ ഇതാണ് സെന്റർ പോയിന്റ് അതാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് അല്ലെങ്കിൽ നമുക്ക് ഈ ശ്ലോകം കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും പലർക്കും ഈ ശ്ലോകം ഇഷ്ടമാണ് എന്താന്ന് വെച്ചാൽ അത് പറയുമ്പോൾ ഒരു എന്തോ ഒരു ഒരു ഇന്റിമേഷൻ ഓഫ് ഇമോർട്ടാലിറ്റി കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു സുഖം അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റും പക്ഷെ ആ ധ്യാനം പോരാ അതുപോരാ ആ ചിദാനന്ദരൂപ ശിവോഹം എന്നുള്ളത് നമുക്ക് സഹജമായി കിട്ടണമെങ്കിൽ ചിദാനന്ദരൂപമായ ശിവമാണ് അഹം എന്നാണ് വാക്കിന്റെ അർത്ഥം അഹത്തിനെ ശ്രദ്ധിച്ചാൽ ചിദാനന്ദരൂപം എന്താണെന്ന് തെളിയും അപ്പോഴേ തെളിയുള്ളൂ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഇതാണ് സെന്റർ ഇതില്ലാതെ സർവം കൽവിതം ബ്രഹ്മ ഒന്നും അർത്ഥമില്ലാതെ പോകും എല്ലാം ഭഗവാനാണ് എന്ന് പറയും എല്ലാം ഭഗവാനാണെന്ന് പറയുന്ന ആളാരാ എല്ലാം ഭഗവാനാണെന്ന് പറയുന്നു എല്ലാം ഭഗവാനാണെന്ന് പറയുന്ന ഒരുത്തനുണ്ടാവണമല്ലോ അവനാരാ അവൻ ഭഗവാനാണോ അല്ലയോ അപ്പൊ അവൻ അവനെ കണ്ടെത്തിയാൽ തായ്മാനവസ്വാമികൾ ഒരു പാട്ടിൽ പാടി എല്ലാം ബ്രഹ്മം എന്നുള്ള അനുഭവം എങ്ങനെ വരും എന്ന് വെച്ചാൽ തന്മയമായി നിറ നില താനേ താൻ ആകി നിറാൽ നിന്മയമായി എല്ലാം നികഴും പരാപരമേണ തന്നിൽ തന്റെ സ്വരൂപത്തിൽ താൻ ഇരുന്നാൽ കാണുന്നതൊക്കെ ബ്രഹ്മസ്വരൂപമായി പ്രകാശിക്കുന്നു താൻ തന്റെ ഹൃദയത്തിൽ താനായി നിൽക്കുമ്പോ ജഗത്ത് മുഴുവൻ പരമാത്മസ്വരൂപമായി ബോധസ്വരൂപമായി ഞാൻ ശരീരമാണെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് ശരീരമായിട്ടേ കാണാൻ പറ്റുള്ളൂ ഞാൻ കുറച്ച് മനഃശാസ്ത്രവും അല്ലെങ്കിൽ മനസ്സിനെ നോക്കാനും ഒക്കെ തുടങ്ങിയാൽ എപ്പോഴും മറ്റുള്ളവരുടെ മോട്ടീവ്സിനെ നോക്കിക്കൊണ്ടേയിരിക്കും മറ്റുള്ളവരുടെ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ബുദ്ധിയുടെ മണ്ഡലത്തിൽ പാണ്ഡിത്യത്തിൽ വിഹരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എത്ര കണ്ട അറിവുണ്ട് എന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ സ്വരൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ശരീരത്തിനെയും നോക്കില്ല മനസ്സിനെയും നോക്കില്ല ബുദ്ധിയും നോക്കില്ല ഞാൻ എന്താണോ അതാണ് പ്രപഞ്ചം വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി എന്നാണ് കണ്ണാടിയാണ് പ്രപഞ്ചം ഞാൻ ശരീരമാണോ പ്രപഞ്ചം മുഴുവൻ ശരീരം ജഡം ഞാൻ മനസ്സാണോ പ്രപഞ്ചം മുഴുവൻ മനസ്സ് ഞാൻ ചൈതന്യമാണോ പ്രപഞ്ചം മുഴുവൻ ചൈതന്യം അപ്പൊ ആദ്യം എന്തുവേണം എന്നിലേക്ക് വരണം എന്റെ സ്വരൂപത്തിലേക്ക് ശ്രദ്ധ തിരിയണം ഞാൻ എന്താണ് എന്തോ ഒന്ന് ഉള്ളിൽ സദാസ്പുരിക്കുന്നു നമ്മളൊക്കെ മന്ത്രം ജപിക്കുന്നു മന്ത്രധ്വനി ഒക്കെ അവസാനം ചെന്ന് ഈ ധ്വനിയിൽ ലയിക്കണം മന്ത്രജപത്തിന്റെ ഒക്കെ ഉദ്ദേശം നമ്മൾ പുറമേക്ക് ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ മനസ്സ് ധ്വനിമയമാണ് മനസ്സ് ശബ്ദമയമാണ് ഇപ്പോ ഒരു വാക്കുകൾ പറയുമ്പോൾ ശബ്ദം കേൾക്കുന്നു ഈ ശബ്ദത്തിന്റെ മൂല മനസ്സാണ് ശബ്ദത്തിന്റെ സട്ടിൽ ഫോം തോട്ട്സാണ് തോട്ട്സിന്റെ ഗ്രോസ് ഫോമാണ് ശബ്ദം അപ്പൊ ശബ്ദത്തിന് അനേക പാദങ്ങൾ പരാ പശ്യന്തി മധ്യമാ വൈഖരി പരാശബ്ദം നിശ്ചലതയാണ് അതിൽ ചെറിയ ഒരു ചലനം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പറയണം എന്നുള്ള ഒരു ഒരു ഒരു അർജ്ജം പിന്നീട് എന്താ പറയേണ്ടത് രൂപം ഉണ്ടാവുന്നു പിന്നെ അത് വാക്കായിട്ടും പുറമേക്ക് വരുന്നു പരാ പശ്യന്തി മധ്യമാ വൈഖരി അപ്പൊ ഈ പുറമേക്ക് പറയുന്ന ശബ്ദത്തിനെ നമ്മള് പറയാതെ മനസ്സിൽ മാത്രം അനേക ശബ്ദമയം അതിനെ ഒരു നാമത്തിലോ ശബ്ദത്തിലോ നിറത്തുന്നു അപ്പൊ മനസ്സ് ഒരു ശബ്ദത്തിന്റെ രൂപം പൂണ്ടു നിൽക്കും ആ ശബ്ദവും പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അതിന്റെ സോഴ്സിലേക്ക് എത്തും അപ്പൊ ജപത്തിന്റെ ഒക്കെ ലക്ഷ്യമായിട്ട് ജപയോഗികൾ പറയുന്നത് എന്റെ അജപാജപം എന്നാണ് ജപിക്കാത്ത ജപത്തിനെ കണ്ടെത്തണം നാമദേവ് ഒരിടത്ത് പറയുന്നു എനിക്ക് ഗുരുവിന്റെ കൃപ കൊണ്ട് നാമം ജപിച്ചു തുടങ്ങി ക്രമേണ ഞാൻ എന്റെ ഉള്ളിൽ വിട്ടൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ എന്റെ പുറമേക്കുള്ള നാമജപമൊക്കെ നിന്നുപോയി എന്നാണ് ഉള്ളിൽ വിട്ടൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ പുറമേക്കുള്ള നാമമൊക്കെ നിന്നുപോയി ഉള്ളിൽ വിട്ടൽ ജപിക്കുന്നത് എന്താ അതാണ് അനാഹതം എന്ന് പറയുന്നു അനാഹതധ്വനി എന്ന് പറയുന്നു ആഹതം എന്ന് വെച്ചാൽ അടിച്ചിട്ട് ഉണ്ടാവുന്ന ശബ്ദം അനാഹതധ്വനി ചിലരൊക്കെ യോഗസാധന ചെയ്ത് എന്തോ മണിയടി ശബ്ദം കേൾക്കും എന്നൊക്കെ വിചാരിക്കുക ധ്യാനിക്കുമ്പോ മണിയടിക്കുന്ന ശബ്ദം കുണ്ടലിനി എന്ന് വെച്ചാൽ എന്തോ പാമ്പ് കയറി പോകും ഇങ്ങനെയൊക്കെ ഭാവനയാണ് മണിയടിക്കുന്ന ശബ്ദം കേൾക്കുമോ അനാഹതം എന്ന് വെച്ചാൽ ആഹതമല്ലാത്തത് ഇറ്റ് സിംപ്ലി മീൻസ് എ കൈൻഡ് ഓഫ് പ്രൈമൽ വൈബ്രേഷൻ അത് ഈ അഹങ്കാരത്തിന്റെ മൂലചലനത്തിനെയാണ് അനാഹതം എന്ന് പറയണത് അഹങ്കാരത്തിന്റെ മൂലചലനമാണ് ഞാൻ എന്നുള്ളതിന്റെ മൂലസ്പന്ദനത്തിനെയാണ് അനാഹതം എന്ന് പറയണത് രമണ മഹർഷി അതിനൊരു സ്ഥാനം കാണിച്ചു തന്നു അതും ഒരു ഫിസിക്കൽ പ്രോസസ് ആയതുകൊണ്ട് സ്ഥാനം കാണിച്ചു വലതുവശത്ത് എന്നാണ് ഹൃദയത്തിൽ ഇടതുവശം ഹൃദയമല്ല എന്തുകൊണ്ട് വലതുവശത്ത് എന്ന് പറഞ്ഞുവെച്ചാൽ ലോകത്തിൽ എവിടെ പോയാലും ആരും അവനവനെ കുറിച്ച് ഞാൻ എന്ന് പറഞ്ഞ് ഇവിടെയാ കാണിക്ക കണ്ടിണ്ടോ നമുക്കറിയാതെ അറിയാം എന്നാണ് ഇത് ആരും ഞാൻ എന്ന് പറഞ്ഞ് തലയിൽ തുടർന്നത് കാണുന്നില്ല ഞാൻ എന്ന് പറഞ്ഞ് മുതുകത്ത് തുടർന്ന് കാണില്ല കാല് തുടർന്ന് കാണില്ല ലോകത്തിൽ എവിടെ വേണമെങ്കിൽ ചെല്ല ആരാണെങ്കിലും ഒരു ഇന്യൂഷൻ എല്ലാവരുടെ ഉള്ളിലും വേല ചെയ്യുന്നു ഒരു സഹജമായിട്ടുള്ള ഇൻഹറന്റ് ഇൻട്യൂഷൻ സ്പോൺറ്റേനിയസ് ഇന്യൂട്ടീവ് റിയാക്ഷൻ ആരെങ്കിലും വിളിച്ച എന്നെയാണോ അവിടെ ഞാൻ ഇവിടെയാണ് അത് എന്താ ഈ അഹങ്കാര ചലനം മൂലചലനം അവിടെയാണ് ഇത് ഞാൻ മഹർഷിയാണ് ആദ്യം പറഞ്ഞതെന്ന് വിചാരിച്ചു ശാരദാദേവി രാമകൃഷ്ണപ്രഹ്മവംസരുടെ ധർമ്മപത്നിയായ ശാരദാദേവി മന്ത്രോപദേശം കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ശാരദാദേവിയുടെ വചനങ്ങളിൽ ഒരിടത്ത് പറയുന്നു അനാഹതധ്വനിയെക്കുറിച്ച് പറഞ്ഞിട്ട് അമ്മ പറയുന്നു അത് ഹൃദയത്തിൽ വലതുവശത്താണ് കേൾക്കുക വലതുവശത്ത് എന്ന് വച്ചാൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു എന്നല്ല ഞാൻ എന്നുള്ള ചലനം മൂല ചലനം നമ്മളെ ശ്രദ്ധിക്കുന്നു നമ്മളിൽ തന്നെ ക്രമേണ എന്താവും ആ ചലനവും അസ്തമിച്ച് അതാണ് ഞാൻ ഇന്നലെ അഹംസ്രോതസ് അഹം സ്ഫൂർത്തി എന്ന് പറഞ്ഞു അതും അസ്തമിക്കുമ്പോ പരാ പശ്യന്തി മധ്യമാ വൈഖരി അതിലെ പരാസ്ഥിതി നിശ്ചലയോഗം ആ നിശ്ചലയോഗം തന്നെയാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഞാൻ എന്നുള്ള അനുഭവമണ്ഡലം ശുദ്ധപ്രജ്ഞാനമയമായി സ്വയം പ്രകാശമാങ്ങി ജ്വലിക്കുന്നു ഈ ധ്വനിയും ഒടുങ്ങുമ്പോ ആത്മോപദേശ ശതകത്തില് നാരായണഗുരുസ്വാമി പറയുന്നു സ്വനവും ഒടുങ്ങുമിടം സ്വയം പ്രകാശം ഈ സ്വനം ഈ ധ്വനിയും ഒടുങ്ങുമിടം സ്വയം പ്രകാശം ഈ ധ്വനിയും ലയിക്കുമ്പോ ധ്വനിയും ചെന്ന് ലയിക്കുന്ന സ്ഥാനത്ത് സ്വയം പ്രകാശം എന്ന് വച്ചാലോ ജ്യോതി സ്വയം ജ്യോതി എന്ന് വെച്ചാൽ ആത്മസ്ഫൂർത്തി അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നും വേണ്ട ഒരു വിളക്കുണ്ട് എന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട സൂര്യൻ ഉണ്ട് എന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട അതുപോലെ താൻ ഉണ്ട് എന്നുള്ളത് അനുഭവിക്കാൻ വേറെ ആരും വേണ്ട വേറെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അത് സ്വയം പ്രകാശം അപ്പൊ ആ സ്വയം പ്രകാശമായ ജ്യോതിസ് അതിനെയാണ് ഇവിടെ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ആ ജ്യോതിസ് മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല ശരീരമല്ല ശരീരമല്ല എന്ന് പറയാനാണ് നച്ചവ്യോമ ഭൂമിർന തേജോനവായു എന്ന് പറഞ്ഞത് പഞ്ചഭൂതാത്മകമായ ഈ ദേഹം ഞാനല്ല മനസ്സ് ബുദ്ധി അഹങ്കാരം ഒന്നും ഞാനല്ല ഇതിനൊക്കെ മൂലകാരണങ്ങളായ അപഞ്ചീകൃത ഭൂതങ്ങളൊന്നും ഞാനല്ല നമ്മൾ ആ സൂക്ഷ്മത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് അറിയണ കാര്യം നിഷേധിച്ചാൽ മതി നമുക്ക് തടസ്സം നിൽക്കുന്നത് നിഷേധിച്ചാൽ മതി അപ്പൊ മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല ചിദാനന്ദ രൂപമായ ശിവമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ആത്മവിചാരത്തിന്റെ പ്രോസസ്സൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ശ്ലോകം ചൊല്ലി മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല ഇത് നമുക്കറിയണ ഭാഷയിൽ ചൊല്ലണം സംസ്കൃതത്തിൽ അറിയാതെ പാട്ടുപാടിയിട്ട് കാര്യമില്ല സംസ്കൃതം അറിയുന്നവർക്ക് പ്രയോജനപ്പെടും അറിയാത്തവര് എന്ത് ചെയ്യാം അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഉള്ളില് പറയാ മനസ്സ് ഞാനല്ല ശരീരം ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല ചിതാനന്ദരൂപമായ ശിവമാണ് അത് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചിതാനന്ദ രൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞ് ഒരു നിശ്ചലത ഉണ്ടാവുകയാണെങ്കിൽ ആ നിശ്ചലതയിൽ എത്ര നേരെ ഇരിക്കാൻ പറ്റുമോ അത്ര നേരെ ഇരിക്കാം